अ्लोक नोकान स्वभा आचार्य स्वाम भाष्यू परिद्धि वर कैवर बी लास्ट अे भ श्लोक पर ममसाधर्म आगता उपाश्रि मम परमेश्वर साधर्म्यं आगता बहव अने ज्ञान आश्रेपे आई तीर् कृष्ण ममसाधर्म्य भगवत स्वरूप तीर्थ का मनुष्यने का तौरण रमण भगवान क ఒరాలె ఎడి హిస్ బాడీ వాస్ జస్ట్ ఏ డెడ్ కార్ప్స్ బట్ ทรู హిస్ ఐస్ గాడ్ వాస్ రేడియేటింగ్ టెరిఫికల్లీ ఆ శరీరం వెరూరి జడం പോലെ సంజరికి ആയിരുന്നുവെങ്കിലും ആ കണ്ണുകളിലൂടെ ഈശ്വരchainIdnyam maatrame kaanan ottullu aneega mahatmakaale kandavarude okka anubhavam adaan avariyonnum saadhaaraṇa manishyarayittu thanne thonniirunnilla അവരിലൂടെ പൂർണ്ണവസ്തു പ്രകാശിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഭാഗവതത്തിൽ കൃഷ്ണന്റെ ഉപദേശം സ്വീകരിച്ച് പൂർണ്ണനായി വരുന്ന ഉദ്ധവരെ കണ്ടിട്ട് വിദുരര് പറയുന്നു പൂർണാർത്ഥോ ലക്ഷിതസ്ഥേന് പൂർണ്ണ വസ്തു മഹാവാക്യപൊരു തന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നി അത്ര ഉദ്ധവരെ കണ്ടിട്ട് എന്നുവെച്ചാൽ കൃഷ്ണൻ വേറെയാണ് ഉദ്ധവര് വേറെയാണെന്ന് തോന്നണില്ല ഉദ്ധവർക്ക് ജ്ഞാനമുണ്ടായപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഉദ്ധവരും ഞാനും തമ്മിൽ ഇനി ഒരു അണു പോലും വ്യത്യാസമില്ല അണു അഭിമന്യൂന ഉദ്ധവൻ ഒരു അണു പോലും എന്നേക്കാളും കുറവല്ല ബ്രഹ്മവി ബ്രഹ്മൈവ ഭവതി ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെ ആയിട്ട് തീരുന്നു രാമകൃഷ്ണ പരമഹംസർ പറയും ഭഗവാനെ കാണണമെങ്കിൽ സാധുക്കളിലൂടെയേ കാണാൻ പറ്റുകയുള്ളൂന്ന് മഹാത്മാക്കളിലൂടെയെ കാണാൻ പറ്റുള്ളൂ നമുക്ക് ഈശ്വരനെ പ്രത്യക്ഷമായി കാണണമെങ്കിൽ സ്വയം ഈശ്വര സാക്ഷാത്കാരം നേടിയവരിലൂടെ കാണാൻ പറ്റുകയുള്ളൂ ഭക്തേഷു പ്രകടിത ഫലാഭ്യാമം എന്ന ആചാര്യസ്വാമികളും ശിവാനന്ദലഹരിയിൽ പറഞ്ഞു അവരുടെ ഹൃദയത്തിലുള്ള ആനന്ദം ആ അനുഭൂതി കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് പ്രത്യക്ഷമായി കാണുക എന്ന് പറയാൻ പറ്റുകയുള്ളൂ അവര് അവര് ഭഗവാന്റെ സധർമ്മികളാണ് भगवत्व भगवाने ध्यान स्वयं वीष्टि मरणसमो प्रलयकाली विषम कारण सृष्टि स्थिति अस्तमित जीवन मुक्तन्मा शरीर न निरोधो न उत्पत्ति नंधो न साधक अक्त बढ़ी परम सुखमी जीवस्तु दैविक उपदेश सार बक्त आई सदा भगवस्वरूप अवर ्यता अध्याय अध्यात्म विषय सीक्रट मंत्र गायत्री सीक्रट सीटा गायत्री उपदेश अ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ സീക്രട്ട് ആവില്ല അല്ലെ ഇപ്പോ ഉള്ള കാസറ്റിലൊക്കെ പാടിക്കൊണ്ട് വൃത്തികേടായിട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് ആളുകൾ ഫോണിലൊക്കെ ഗായത്രി മന്ത്രം വെച്ചിട്ട് മഹാവൃത്തികേടായിട്ടുണ്ട് അത് സീക്രട്ടാണോ അതിൽ സീക്രെട്ടായിട്ടുള്ളത് എന്താ ആ ഗായത്രിയുടെ അന്തസ്സത്തെയാണോ സീക്രട്ടായിട്ടുള്ളത് അത് പറഞ്ഞതുകൊണ്ടോ മന്ത്രം ഫോണിൽ പാടിയത് കൊണ്ടോ നീ നെഗറ്റീവ് എഫക്ട് വലുതും ഉണ്ടാവും വേണമെങ്കിൽ അത്രേ ഉള്ളൂ മന്ത്രശാസ്ത്രക്കാരൻ എങ്ങനെയൊക്കെയാണ് പറയുന്നത് സ്വരം പഴച്ചാൽ പോയി എന്നൊക്കെയാണ് ഇതിപ്പോ സ്വരമൊന്നും ഇല്ലാതില് ഈ പാട്ട് പാടുന്നതിന് അപ്പോ സീക്രട്ട് എന്ന് ഓപ്പൺ സീക്രട്ടാണ് ആർക്കു വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷെ പറഞ്ഞു കൊടുത്തത് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല സ്വാനുഭവത്തിലേക്ക് വരണം അനുഭൂതിയിലേക്ക് വരണം പറഞ്ഞുകൊടുത്തത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ആർക്കും വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം എന്താ ഇപ്പൊ പറഞ്ഞു കൊടുക്കാനുള്ളത് ഇപ്പൊ ഗീതയിലെ എല്ലാ ശ്ലോകവും എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇന്റർനെറ്റിൽ തുറന്നാൽ ഏത് അധ്യാത്മ പുസ്തകം വേദാന്തം വേണമെങ്കിലും ഒക്കെ കിട്ടും അതൊക്കെ പഠിച്ച ഒരാൾ ഇന്റർനെറ്റും വെച്ചുകൊണ്ടിരുന്ന് ജീവൻ മുക്തനാവാൻ പറ്റുമോ സാക്ഷാത്കാരം നേടാൻ പറ്റുമോ അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പൺ സീക്രെട്ടാണെന്നാണ് ഓപ്പൺ ആണ് പക്ഷെ സീക്രട്ടാണ് ഗുഹ്യമാണ് അതിന്റെ മർമ്മം എപ്പ കിട്ടും എപ്പ ഈ ജ്ഞാനം സ്വാനുഭവത്തിലേക്ക് വരുന്നു വേണ്ട വിധത്തിൽ ജീവൻ പക്വപ്പെട്ട് മനസ്സിനെ പുറമേക്ക് വിടാതെ സംസ്കൃതനായിട്ട് തീർന്ന് ജപം ധ്യാനം ഭക്തി സത്സംഗം മുതലായിട്ടുള്ള നിത്യനിരന്തരമായ അധ്യാത്മ സംസ്കരിക്കപ്പെട്ട് ലൗകിക വ്യവഹാരങ്ങളിൽ പതുക്ക പതുക്ക വൈമുഖ്യമുണ്ടാക്കി വാസനാക്ഷയത്തോടുകൂടെ വൈമുഖ്യമുണ്ടാക്കിയിട്ടും മനസ്സ് ശാന്തമായ ആള് ഒരു സദ്ഗുരുവിനെ സമീപിക്കുകയും വേണ്ട വിധത്തിൽ വേദാന്ത ശ്രവണം ചെയ്യുകയും ചെയ്താൽ കേൾക്കുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ സ്വാനുഭവത്തിൽ സിദ്ധിക്കും അങ്ങനെ സിദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും സൃഷ്ടി സ്ഥിതി സംഹാരം മുതലായിട്ടുള്ള ദൂഷ്യങ്ങളൊന്നുമില്ല അവര് ന വ്യഥന്തി അവർക്ക് വീണ്ടും അജിറ്റേഷൻ ഇല്ല ഡിസ്റ്റർബൻസ് ഇല്ല അവർ പ്രശാന്തരാണ് അവർക്ക് മരണത്തിനെ ഭയമില്ല പ്രളയേന വ്യഥന്തി ഉപജായന് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നേടിയെടുക്കണ്ടേ ജനിച്ചു നമ്മൾ അധിക ആളുകളും വയസ്സായിട്ടുള്ള ആളുകളാണ് എനിക്ക് വിഷമില്ല വയസ്സായിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്കും അത് വളരെ മുഖ്യമായിട്ട് വേണ്ടതാണ് ഇപ്പൊ ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോഴാണ് പേടി തുടങ്ങുന്നത് കടുംതുടി കൊട്ടിക്കൊണ്ട് പതുക്കെ ഉള്ളിലേക്ക് വരും മറ്റേ ആള് ഭയം തോന്നിത്തുടങ്ങണതൊക്കെ അവിടെയാണ് അപ്പോഴാണ് നമുക്കിത് വേണ്ടത് ഈ ഭയപ്പെടുന്ന ആൾ ആരാണ് ചെറിയൊരു മന്ത്രം രമണ മഹർഷിയുടെ മന്ത്രവും ഓപ്പൺ സീക്രട്ടാണ് എത്ര എളുപ്പം അല്ലേ ഞാനാരു മഹർഷിയുടെ ടീച്ചിങ് ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കണം ചില ആളുകൾക്കൊക്കെ ബഹളി പിടിക്കും ചിലപ്പോ എല്ലാരെ കൊണ്ട് ഞാൻ ആര് ഞാൻ ആര് ഹരേ രാമ ഹരേ രാമ പോലെ ജപിപ്പിച്ചാൽ ശരിയാവുമോ അതാണ് ഓപ്പൺ സീക്രട്ട് എന്ന് പറയണത് അങ്ങനെയൊന്നും ഇത് ഓപ്പൺ സീ ഓപ്പൺ ആണോ പക്ഷെ സീക്രട്ടാണ് ഞാൻ ആര് ചെറിയ ഒരു ടാബ്ലറ്റ് ആണ് ആര് എന്നുള്ളതും അതിൽ പോകും ഭഗവാന്റെ പാർഷദന്മാരിൽ ഒരാൾ പറഞ്ഞു ഇൻ ഹു ആം ഐ ദിൽ ഓൾസോ ഡ്രോപ് ആൻഡ് ദ ഹു വിൽ ഓൾസോ ഡ്രോപ്ലോൺ ഞാൻ ആര് എന്നുള്ളതിൽ ആര് എന്നുള്ളതും പോകും ഞാൻ എന്നുള്ള അഹങ്കാരവും പോകും കേവലമായ ഒരു അസ്തിത്വം ഒരു മൗനം ഒരു നിശ്ചലത അത് നിൽക്കും ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ഇതം ജ്ഞാനമുപാശ്രിത്യ ഈ ജ്ഞാനത്തിന് ഈ ചോദ്യത്തിന് ഉത്തരമില്ല ഞാൻ ആര് എന്ന് ചോദിച്ചാൽ ഞാൻ ആത്മാവാണ് ഞാൻ ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മനസ്സ് തരുന്ന ഉത്തരങ്ങളാണ് അതൊന്നും ശരിയായ ഉത്തരമല്ല ഇത്തിരി ഗീതയോ ഉപനിഷത്തോ എവിടെയെങ്കിലുമൊക്കെ പഠിക്കുക കേൾക്കുകയെ അല്ലെങ്കിൽ വീഡിയോകളിലോ മറ്റോ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ഉത്തരവൊക്കെ പറഞ്ഞു കളയും അതൊക്കെ അപകടമാണ് ആത്മാവാണ് ബ്രഹ്മമാണ് അല്ലെങ്കിൽ ഭാഷ മാറ്റിയിട്ട് ഇംഗ്ലീഷിൽ പറയും കോൺഷ്യസ്നെസ് ആണ് എന്നൊക്കെ പറയും ഒക്കെ വെറും വേർഡ്സ് അല്ലേ എന്ത് പ്രയോജനം ഞാനാര് എന്നുള്ള ചോദ്യം ഇറ്റ്സ് ആൻസർലെസ് ക്വസ്റ്റ്യൻ ഉത്തരമില്ല वेरबल आंसर प्रयोजन चौद्य अुभूति उत्तर चौद्यमें पड़ी ना विषम आर्ण मरण भय वास्तविकवन आरानि जीविक जीविकीविको ब प्रत्येक क ഏകാന്തത്തിലിരിക്കുക ഉള്ളിൽ തോ ചോദിക്കുക ആർക്കാ ഭയം വ്യാധി ആർക്കാ ഭയം മരണത്തിന് ആർക്കാ ഭയം ഈ ഭയം ആർക്ക് വരുന്നു എനിക്ക് വരുന്നു എനിക്ക് വ്യാധി വരുമല്ലോ ഞാൻ മരിച്ചു പോകുമല്ലോ ഈ ഞാൻ എന്താണ് ഈ മരിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന ഈ ഞാൻ ആരാണ് ഇതെന്റെ സ്വരൂപമാണോ ഇവിടെ കിടന്നുറങ്ങിയാൽ ഈ ഞാൻ പോയി ഈ ഞാൻ എന്താണ് ഈ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയണമല്ലോ അതിന് ഉത്തരം കൊടുക്കാതെ ഈ ഞാൻ എന്നുള്ള ത്തിന് ഭയപ്പെടുന്നവനെ മുമ്പിൽ വെച്ചുകൊണ്ടേയിരിക്കാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം അയാൾ കുറെ നർത്തനം ചെയ്യും നമ്മളെ പറ്റിക്കാൻ നോക്കും അവസാനം അടങ്ങും അടങ്ങുമ്പോൾ ഒരു അവശേഷിക്കും ആ നിശ്ചലതയിൽ നമ്മളില്ലാതാവും ആ നിശ്ചലതയിൽ ഒരു സെക്കൻഡ് നേരമാണ് ആ നിശ്ചലത അനുഭവിച്ചതെങ്കിലും ആ നിശ്ചലതയിൽ സൃഷ്ടിയില്ല സംഹാരമില്ല നിത്യനിരന്തരമായി സത്തയാണ് ആ നിശ്ചലതയ്ക്കാണ് നമ്മൾ നാരായണനെന്നും ശിവനെന്നും വിഷ്ണുവെന്നും കൃഷ്ണനെന്നും ഗണപതിയെന്നും ബ്രഹ്മമെന്നും ആത്മാവെന്നും പല പേരുകൾ കൊണ്ട് വിളിച്ചത് സ്ഥിത്യുദ്ഭവ പ്രളയഹേതു അഹേതുരസ്യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സത് ബഹിഷ്യ ദേഹേന്ദ്രിയസുഹൃദയാ ചരന്തയേന സഞ്ജീവിതേ പരം നരേന്ദ്ര എന്ന് ഭാഗവതത്തിൽ നാരായണതത്വം പറയുക ജാഗ്ര സ്വപ്ന സുഷുപ്തികൾക്കൊക്കെ സാക്ഷിയായ അധിഷ്ഠാനമായി നിശ്ചലതയെ സ്വരൂപമായി അഹങ്കാരമുദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് ഒരു സിനിമ തുടങ്ങുകയും സിനിമ അസ്തമിക്കുകയും ചെയ്യുമ്പോൾ സ്ക്രീൻ കാണപ്പെടുന്നു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ കാണുന്നു സിനിമ നടക്കുമ്പോഴും സ്ക്രീൻ ഉണ്ട് സിനിമ കഴിഞ്ഞാലും സ്ക്രീൻ ഉണ്ട് അതുപോലെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ഫിക്ഷൻ ആണ് ഈ അഹങ്കാരം കാണിക്കുന്ന കഥകളൊക്കെ നമ്മളുടെ ഇമേജ് ഇത് വെറും ഒരു ഫിക്ഷനാണ് ഒരു സൂപ്പർ സ്റ്റിഷ്യൻ ആണ് ഞാൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക വ്യക്തി ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ ജീവിതമാണെന്നും എന്തൊക്കെ തന്നെ വേദാന്തമൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം എന്റെ കാര്യം എന്റെ വിഷമം ഇതാര് തീർത്തു തരും ഇതൊക്കെ ആരാ പറയണത് എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അയാൾ മണ്ടും ഒറ്റ ചോദ്യം ചെറിയൊരു മന്ത്രമാണ് ബ്രഹ്മാസ്ത്രം ഈ ചോദ്യം ചോദിച്ചാൽ അഹങ്കാരത്തിന് പേടിയാണ് ഈ അഹങ്കാരം നമ്മളുടെ സ്വരൂപമല്ല ഈ അഹങ്കാരമാണ് ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള സത്ത ഈ ശരീരത്തിന്റെ ഉള്ളിലല്ല ഇരിക്കണത് അത് ശരി ശരിക്കും പറഞ്ഞാൽ ആകാശത്തിലൊരു വട്ടം ഇട്ടിട്ട് ആകാശം എവിടെയാണെന്ന് ചോദിച്ചാൽ ആ വട്ടത്തിന്റെ ഉള്ളിലാണ് ആകാശം എന്ന് പറയണ പോലെയാണ് നമ്മള് അഖണ്ഡ ചൈതന്യത്തിൽ ഒരു ശരീരത്തിനെ ലിമിറ്റഡ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് ഞാനിരിക്കണതെന്ന് പറയണത് സത്യത്തിനെ കണ്ടെത്തിക്കറിയുമ്പോൾ ഘടത്തിന്റെ ഉള്ളിലുള്ള ആകാശം കൊടം പൊട്ടിക്കഴിയുമ്പോൾ മഹാകാശത്തിൽ ലയിക്കണ പോലെ അകമേക്കുള്ള സത്ത പുറമേക്കുള്ള സത്തയുമായി ഐക്യം പ്രാപിക്കും ഐക്യം പ്രാപിക്കുക എന്ന് വെച്ചാൽ മുമ്പേ ഐക്യം ഉള്ളതാണ് അതറിയുകയും അതുകൊണ്ട് ശരീരം നിൽക്കുകയോ വീണുപോവുകയോ ചെയ്യുന്നത് എനിക്ക് ലാഭമോ നഷ്ടമോ ഇല്ലാതായി തീരുകയും ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഞാൻ ഞാൻ എന്നുള്ള അഹങ്കാരൂപമായ വ്യക്തിത്വം എന്റെ സത്യമായ സ്വരൂപമല്ലെന്നും എനിക്ക് നിത്യനിരന്തര ദുഃഖത്തിനും സർവാനർത്ഥത്തിനും കാരണമായിട്ടുള്ള ഒരു പ്രേതമാണെന്നും ഈ പെർസനാലിറ്റിയെ സമ്പൂർണമായും ഇല്ലാതാക്കി ഭസ്മമാക്കി ചെയ്താലേ എനിക്ക് പരമമായ ഹിതം ഉണ്ടാവുകയുള്ളൂ എന്നും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ശുദ്ധമേ അസംബന്ധമാണെന്നും അറിഞ്ഞു കഴിയുമ്പോഴേ ഞാൻ മുക്തനാവുകയുള്ളൂ കലാവാണേ പത്തുപടി വെള്ളമുണ്ട് കല്ലിട്ട് ചോട്ടിലെത്താൻ കുറെ നേരമാവും എന്റില് കല്ലിട്ടാലേ ഇറങ്ങാൻ കുറെ നേരം പിടിക്കും ഈ സാക്ഷാത്കാരം എങ്ങനെ ഉണ്ടാവും ഈ പറയുന്ന ശബ്ദത്തിന് അനിർവചനീയമായ ഒരു ശക്തി ശബ്ദശക്തേ അചിന്യത്വാത്ത് ശാസ്ത്രകാരന്മാർ തന്നെ അതിന് വിചാരം ചെയ്തിട്ടുണ്ട് ശബ്ദത്തിന് അനിർവചനീയമായൊരു ശക്തി ഉണ്ട് അതിനെ അകമയ്ക്ക് ചെന്ന് പ്രവർത്തിക്കാൻ കഴിയും പ്രൊവൈഡഡ് ഇഫ് ദർ ഇസ് നോ റിയാക്ഷൻ ഇൻ ദ ഈഗോ സെന്റർ റെസിസ്റ്റൻസ് ഈഗോ സെന്റർ പ്രഹ്ലാദന സാക്ഷാത്കാരം ഭാഗവതത്തിൽ എങ്ങനെ ഗർഭത്തിൽ കിടക്കുന്ന ശിശു റെസിസ്റ്റ് ചെയ്തില്ലേ അത്രേയുള്ളൂ ആ അമ്മ റെസിസ്റ്റന്റ് ചെയ്തു അതുകൊണ്ട് ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് പറയുന്നത് ശ്രവണം വലിയൊരാർട്ടാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ധരിച്ചാലും നിങ്ങളുടെ ഈ വ്യക്തിരൂപമായി ഞാൻ ഉണ്ടാവും ശ്രദ്ധിക്കാതെ ഇരുന്നാലും വ്യക്തിരൂപമായി ഞാനുണ്ടാവും മനസ്സ് പ്രവർത്തിപ്പിച്ച അറ്റൻഷനോടെ പുസ്തകവും വേനയും ഒക്കെ ആയിട്ടിരുന്നാലും വ്യക്തിരൂപമായി ഞാനുണ്ടാവും കേൾക്കുന്ന ഈ വസ്തുവിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിന് ശ്രദ്ധയും ആദരവും ഭക്തിയുമാണ് കാരണം അതുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ഈ ശബ്ദം അകമേക്ക് കിടക്കുകയും പ്രവർത്തിക്കുകയും ഈ ഇമേജിനെ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യും വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യും മരണമില്ലാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ സത്തയുടെ സ്വരൂപമാണ് മരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതിന് സാധ്യമല്ല മരണമില്ലാത്ത ആത്മവസ്തുക്കളാണ് നമ്മൾ എത്ര പറഞ്ഞാലും ഇത് തെളിയില്ല വീണ്ടും വീണ്ടും ഈ അഹങ്കാരമാണ് ഞാനെന്ന് ധരിച്ചിട്ട് മരണ ഉണ്ടാവും വ്യാധി വരുമ്പോ ശരീരത്തിന് മനസ്സ് വരും അതൊരു മഹാരോഗം മാറാവ്യാധിയാണ് അതിന് വീണ്ടും വീണ്ടും മനനം കൊണ്ടും സത്സംഗം കൊണ്ടും ശ്രദ്ധാഭക്തികൾ കൊണ്ടും വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് വലിയുകയും ഈ സത്യത്തിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ അകമേയുള്ള ജീവശക്തി തീരുമാനിച്ചാൽ മരിക്കണതിന് മുമ്പ് സത്യം കണ്ടെത്തി പാമ്പ് ചട്ടയെ കയട്ടിയിടുന്ന പോലെ ശരീരത്തിനെ യമൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഊരിയിടാം അതാണ് ഈ ജ്ഞാനത്തിന്റെ വൈശിഷ്ട്യമായി ഭഗവാൻ പറഞ്ഞത് സർഗം പ്രളയം എന്നുള്ളതൊന്നും സത്യദർശിയെ ചലിപ്പിക്കില്ല മൃത്യുഹൂ യസ്യ ഉപസേചനം എന്നാണോ ഉപനിഷത്ത് പറയുന്നത് അയാൾക്ക് മൃത്യു അവിയലാണെന്നാണോ മൃത്യു സാമ്പാറാണ് അയാൾക്ക് സത്യം കണ്ടെത്തിയവന് മരണം യസ്യ ഉപസേചനം ഒഴിച്ചു കൂട്ടാനുള്ള സാധനമാണെന്ന് അതിലും കടന്ന് ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ മരണ ഭയമ നമ്മൾക്ക് സമയത്തിൽ ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പൊ മരണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പേടി തോന്നുകയാണ് മരണത്തിനെ നിങ്ങൾ മുൻപിൽ കാണുമ്പോ കാണുന്നവരൊക്കെ പറയും ഇദ്ദേഹത്തിനെയാണോ ഞാൻ ഇത്ര കാലം എത്ര സുഖം എന്ന് പറയും രമണ ഭഗവാൻ തന്നെ പറഞ്ഞു മരണത്തിന് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് അയ്യേ മരണത്തിന് ഭയമല്ലേ എന്തിനു ഭയപ്പെടണം ഞാനില്ലാതാവില്ലേ ഞാനില്ലാതാവുന്നതല്ലേ ഏറ്റവും സുഖം ദിവസം അതിനുവേണ്ടിട്ടല്ലേ കിടക്ക വിരിച്ച് എ ഇട്ട് അല്ലെങ്കിൽ ഗുളിക കഴിച്ചൊക്കെ മെനക്കെടുന്നത് ഇത്തിരി നേരം ഞാനില്ലാതായാൽ എന്തൊരു സുഖം ഈ ഞാനിനെ ഇല്ലാതാക്കാൻ പോകുന്ന ഈ മൃത്യുവിനെ എന്തിന് ഭയപ്പെടണം മരണത്തിന് എന്തിനു ഭയപ്പെടണം മരണം അമംഗളമല്ല ഭദ്രമാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് ശരിയായ അറിവ് സമ്പാദിക്കുക മരിക്കുന്ന ആളുകളെ നിങ്ങള് അല്പം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അധികം പേരും ഭയപ്പെടുന്നൊന്നുമില്ല ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോ നമ്മളല്ലാത്തതായി ശരീരം നല്ലവണ്ണം നമ്മളെ ഉപദ്രവിച്ചു കഴിയുമ്പോ അധികം പേരും പറയും ഒന്ന് മരിച്ചാ വേണ്ടില്ല ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കും ആഗ്രഹിക്കും മരിക്കണമെന്ന് ആഗ്രഹിക്കും മനുഷ്യൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങും ശരീരത്തിനെ ഉപേക്ഷിച്ചാ വേണ്ടില്ല സ്യൂസൈഡ് ചെയ്യുന്നവരൊക്കെ എന്ത് കണ്ടിട്ടാണ് അതിന് പോകുന്നത് അയാളെ പിടിച്ചു നിർത്തി ചോദിച്ചാൽ അയാൾ പറയണതേ ഒന്ന് മരിച്ചിട്ട് വേണം സമാധാനമായിട്ടിരിക്കാന്നാണ് മരിച്ചിട്ട് ആർക്കാ സമാധാനം മരണത്തിന് സമാധാനത്തിന് അന്വേഷിക്കുകയാണ് അപ്പോ അൺകോൺഷ്യസായിട്ട് അയാൾക്ക് അയാൾക്ക് അറിയണുണ്ട് ഈ പ്രേതം ഞാനല്ല ഈ ശരീര മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വ്യക്തിത്വമാണ് എന്റെ സകല അനർത്ഥത്തിനും കാരണം അതിനെ ഇല്ലാതാക്കാനാണ് പാവ ഒരു കയറൊക്കെ കെട്ടി തോങ്ങുന്നത് പക്ഷെ അതുകൊണ്ട് എന്താവും ഈ പ്രേതമൊന്നും ഇല്ലാതാവണമില്ല അത് പിന്നെയും തുടരും ആ പ്രേതത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ പേഴ്സണാലിറ്റിയെ ഇല്ലാതാക്കണമെങ്കിൽ ശ്രദ്ധിക്കുക ജ്ഞാനം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ നമുക്ക് ഏറ്റവും ഹിതം ചെയ്യുന്നതാണ് ഈ ജ്ഞാനം നമ്മളല്ലാത്തതും നമ്മളാണെന്ന് ധരിച്ചിരിക്കുന്നതും ജന്മജന്മങ്ങളായി നമ്മൾക്ക് ഉള്ളിലിരുന്നു കൊണ്ട് വിഷമം ഉണ്ടാക്കുന്നതുമായി അഹങ്കാരിശാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള മന്ത്രമാണ് ഈ ബ്രഹ്മതത്വം ആത്മവിദ്യ അതിന് ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ധ്യാനയോഗത്തോടുകൂടിയും ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ പതുക്കെ ജീവിച്ചിരിക്കുമ്പോ തന്നെ മരണത്തിലൂടെ കടന്നുപോയി മരിച്ചിട്ട് പുറത്തു വരും ഒരിക്കൽ മരിച്ച ആരും മരണത്തിന് ഭയപ്പെടില്ല ഭാഗവതത്തിലെ അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യരെ മരിക്കുന്ന ആളെയൊക്കെ ജീവിപ്പിക്കുന്ന ഒരു വിദ്യ കണ്ടുപിടിച്ചു അത്രേ അപ്പൊ യുദ്ധത്തിന് പോയി വന്നു കഴിഞ്ഞാൽ അസുരന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം എണീപ്പിച്ചു വിടും രണ്ടു പ്രാവശ്യം കഴിഞ്ഞപ്പോ അസുരന്മാർക്ക് നല്ല ഉത്സാഹം അവര് പറഞ്ഞുകൊണ്ടാ ഒന്ന് മരിച്ചു നോക്കണം എന്തു സുഖ മരിക്കാത്ത അസുരന്മാരോടൊക്കെ പറയാ ഒന്ന് മരിച്ചു നോക്കണം എന്ത് സുഖവാ നമ്മള് വെറുതെയാണ് പേടിച്ചത് നമ്മളൊന്ന് മരിച്ചിട്ട് തിരിച്ചു വന്നാൽ ഉറങ്ങി എണീറ്റാ തന്നെ എന്ത് സുഖം അപ്പൊ മരിച്ചിട്ട് വരുമ്പോ വളരെ സുഖമായിട്ടിരിക്കണു അതുകൊണ്ടൊന്ന് മരിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ദേവന്മാരുടെ മുമ്പിൽ ധൈര്യമായിട്ട് ഒന്ന് യുദ്ധം ചെയ്യാം മരണഭയം പോയാൽ പിന്നെ എന്ത് യുദ്ധം ചെയ്യാൻ എന്താ അല്ലേ അപ്പോ മരണ ജീവിച്ചിരിക്കുമ്പോ തന്നെ മരിച്ച ആള് മരിച്ചു കഴിഞ്ഞാലും ജീവിക്കും ഒരു കഥ പ്രസിദ്ധമായ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരാൾ ഒരു കുരുവിയെ പിടിച്ചുകൊണ്ട് ഒരു കിളിയെ പിടിച്ചുകൊണ്ട് വന്നു കിളിയെ പിടിച്ചുകൊണ്ട് വർത്തമാനം പറയാനൊക്കെ പഠിപ്പിച്ചു കൂട്ടിലിട്ടു കൊറേ കഴിഞ്ഞപ്പോ അദ്ദേഹം ദൂരത്തെവിടെയോ ഒരു കാട്ടിൽ പോയി ആ കാട്ടിലേക്ക് പോകുമ്പോ ഇദ്ദേഹം ഈ കിളിയോട് പറഞ്ഞു നിന്നെ പിടിച്ചുകൊണ്ട് കാട്ടിലേക്കാണ് ഞാൻ പോണത് നിന്റെ ഇണക്കിളിയെ കണ്ടാൽ എന്തെങ്കിലും പറയണോ അപ്പൊ ആ കിളി പറഞ്ഞു എന്തു പറയാനാ ഞാനിവിടെ കൂട്ടിൽ കിടക്കണു നേരാന് നേരത്തിന് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് സുഖമാണ് പക്ഷെ വാസം എന്ത് ചെയ്യാം പുറത്തു പോവാൻ വഴിയൊന്നുമില്ല ഇണക്കിളിയോട് പറഞ്ഞാൽ മതി ഞാനിങ്ങനെ ജീവിക്കണു ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ മതി ഇയാൾ ഇതുപോലെ ആ കാട്ടിൽ ചെന്നു കാണുന്ന കിളികളോടൊക്കെ പറഞ്ഞു അതുകൾക്കൊന്നും ശ്രദ്ധിച്ചില്ല ഒരു കിളിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇതുപോലെ നിന്റെ കൂട്ടുകാരൻ എന്റെ ഇവിടെ കൂട്ടിൽ കിടക്കുന്നുണ്ട് നേരാന്നേരത്തിൽ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ കൂട്ടിനുള്ളിലാണ് എന്ന് പറഞ്ഞതും ആ കിളി ചത്തുവീണു ചുവട്ടില് ഇയാള് തിരിച്ചു വന്നു വളരെ വിഷമത്തോടുകൂടെ പറഞ്ഞു ഒരു കിളി മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ചത്തുവീണു പറയേണ്ടി കിടന്നില്ല ആ പാവം അതിന് വിഷമായി മരിച്ചു വീണു ഇത് കേട്ടതും കൂട്ടിന്റെ ഉള്ളിലുള്ള കിളിയും ചത്തുവീണു അപ്പൊ ഇയാൾക്ക് വളരെ വിഷമായി തന്റെ പ്രിയപ്പെട്ട കിളി മരിച്ചുപോയി കുറെ നേരം കഴിഞ്ഞപ്പോൾ എത്ര നേരം കൂട്ടിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കും കൂടു തുറന്ന് ആ കിളിയെടുത്ത് പുറത്തുട്ടും പുറത്തിട്ടതും അത് ചെറുകടിച്ച് അടുത്തുള്ളൊരു മരത്തിന്റെ കൊമ്പിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ ചത്തില്ല മറ്റേ കിളിയും ചത്തില്ല ചത്ത പോലെ ഇരുന്നാൽ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പട്ടണത്ത് സ്വാമികൾ ഒരു പാട്ടുപാടി ചത്താറി പോലെ തിരി എന്നാണ് എന്നുവെച്ചാൽ ചാവുക എന്ന് വെച്ചാൽ ഇവിടെ എന്താ അർത്ഥം ഈ വ്യക്തി അഹങ്കാരം ഈഗോ സെൻസ് പേഴ്സണാലിറ്റി അല്പവും ചലിക്കാതെ ഒരു ഡിസ്റ്റർബൻസിന്റെ സെന്ററാണ് ആ സെന്ററേ ഇല്ലാതെ നിത്യനിശ്ചലമായ അന്തരംഗത്തോടു കൂടെ ശാന്തിയോടുകൂടെ ലോകത്തിൽ ജീവിക്കാമെങ്കിൽ അവൻ മരണത്തിനെ ജീവിക്കുമ്പോ തന്നെ കണ്ടവനാണ് അവൻ മരണത്തിനപ്പുറം പോയവനാണ് അമൃതത്വത്തിനെ നേടിയവനാണ് അവന് വ്യഥയില്ല അതാണ് ഞാനമുത്തമം ഏറ്റവും വലിയ ജ്ഞാനം ഇതാണ് ഇതിനൊന്നും പ്രാമുഖ്യം കൊടുക്കാതെ ഒന്നും ഒന്നും രണ്ട് എന്ന് തൊട്ട് തുടങ്ങി ഒന്നായി നിന്നെ ഇഹ രണ്ടെന്നു കണ്ടവൽ കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ വധം ഇണ്ടാവതല്ല എന്ന് പണ്ട് ഏത്തശം പറഞ്ഞ പോലെ തുടങ്ങി കമ്പ്യൂട്ടറും നോട്ടുകെട്ടുകളും അതൊക്കെ സ്വപ്നം കണ്ട് റോക്കറ്റും പ്ലെയിനും ഉണ്ടാക്കി ഇതൊന്നും വേണ്ടന്നല്ല പക്ഷെ നോക്കൂ നമ്മളുടെ നോൺ എസെൻഷ്യൽസിൽ മനസ്സ് പോയി അതിലൊക്കെ പെട്ട് നമുക്ക് വാസ്തവത്തിൽ വേണ്ടതൊക്കെ പ്രധാനമല്ലാതായിട്ട് തീരുകയും എന്റർടൈൻമെന്റ് പ്രധാനമായിട്ട് തീരുകയും എന്നാൽ എന്റർടൈൻമെന്റ് കൊണ്ട് ആനന്ദമുണ്ടോ ഒരാനവും ഇല്ലാതാനും മെനക്കെടുക വെറുതെ വിഷമിക്കുക വെറുതെ പ്രവർത്തിക്കുക പലവിധത്തിലും കഷ്ടപ്പെടുക ഇതൊക്കെ മനുഷ്യൻ എന്തിനാ ചെയ്യണത് നിങ്ങളുടെയും എന്റെയും ഈ പഠിപ്പും അറിവും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എല്ലാവർക്കും ഭയമുണ്ടാക്കുന്ന ഒരു ലോകത്തിനെ ഉണ്ടാക്കി ജാതിയും മതവും ഷണ്ടയും ലഹളയും ആറ്റം ബോംബും ന്യൂക്ലിയർ ബോംബും ശാസ്ത്രവും സിനിമയും ശാന്തമായിരിക്കുന്ന മനസ്സിന് ഈ കോലാഹലങ്ങളൊന്നും വേണ്ട അശാന്തിയുടെ സന്തതികളാണ് നമ്മൾ പരമ്പരയായ അശാന്തരാണ് ആ അശാന്തിയുടെ ഇടയിലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കൂടുതൽ ഏറ്റവും നിശ്ചലമായ മനസ്സിന് ഒരു എന്റർടൈൻമെന്റും വേണ്ട ഒരു കലകളും ആവശ്യമില്ല എല്ലാ കലകളും ആ ശാന്തിയിലേക്ക് അല്പം കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ് വളരെ ഡിസ്റ്റർബായിട്ടുള്ള നമ്മളുടെ മനസ്സിൻ്റെ ലക്ഷണമാണ് നമ്മളുടെ കലകളൊക്കെ തന്നെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു സ്വപ്ന ലോകം ഒരു ഫിക്ഷൻ ഒരു സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറമേക്കുള്ള സീരിയലുകളൊക്കെ അതിന്റെ റിഫ്ലക്ഷൻ ഒന്നും മനസ്സിലാവണില്ല നമുക്ക് അല്ലേ ടി നിങ്ങൾ കാണുന്ന സീരിയലൊക്കെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല ഞാനും ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഒന്നും ഒരാൾ വരണു പേപ്പർ വായിക്കണു ആർക്കോ കല്യാണം കഴിഞ്ഞു എന്ന് പറയണു ആർക്കോ ഡൈവേഴ്സ് ആയി എന്ന് പറയണു ഇതൊക്കെ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും പ്രത്യേകം ഒരു വൈശിഷ്ടമില്ല അതുകൊണ്ട് ഒരു കാരുണ്യമോ ഒരു ശാന്തിയോ ഒരു അഭയമോ ഒന്നുമില്ല അതിങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞ കാളമൂത്രം പോലെ ഇങ്ങനെ പോകും വർഷങ്ങളോളം തുടർന്ന് എന്തുകൊണ്ട് മനുഷ്യൻ ഇതിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നു എന്തുകൊണ്ട് ഇതൊക്കെ വേണ്ടിവരണോ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഏകാന്തത്തിൽ ശാന്തമായിട്ട് സമാധാനമായിട്ട് യാതൊന്നും ഇല്ലാതെ ഇരുന്നാൽ എന്താ എന്തുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഇരിക്കുമ്പോ എന്തിനെയാണ് നമുക്ക് പേടി നമ്മളുടെ മനസ്സിനെ തന്നെ അല്ലേ അപ്പോ കള്ളൻ കപ്പല് തന്നെ പേടി വേറെ ആരെയല്ല എനിക്ക് എന്നെ തന്നെയാണോ പേടി എന്റെ മനസ്സിനെയാണ് ഭയം എന്റെ ഉള്ളിലാണ് ഡിസ്റ്റർബൻസ് എനിക്കാണ് വിരസത ബോർഡം ടെൻഷൻ ഡിപ്രഷൻ ഇതിനെയൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് ടി വി കാണുന്നത് അതിൽ ഒരാൾ ഇടിക്കുന്നു കൊല്ലുന്നു കുത്തുന്നു അതിലൊരാൾ ഡിപ്രഷനായിട്ടൊക്കെ ഇരിക്കുന്നു അവരുടെ ഡിപ്രഷനൊക്കെ കണ്ടപ്പോൾ അടുത്ത വീട്ടിലും കറണ്ട് പോയാൽ നമ്മളുടെ വീട്ടിൽ കറണ്ട് പോയാൽ അടുത്ത വീട്ടിലും പോയാൽ സമാധാനമായ പോലെ ഒരു സമാധാനം ഈ കോലാഹലം ഈ ഭയങ്കരമായ കോലാഹലം ഇതിന്ന് ഭ്രാന്താലയം ഇതൊരു സ്റ്റേജ് മാത്രമാണ് നമ്മളുടെ പരിണാമത്തിൽ ഈ നിത്യമല്ല ഈ ശുദ്ധ അസംബന്ധത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് പുറത്ത് ചാടാം സമൂഹത്തിന് പുറത്ത് ചാടാൻ പറ്റില്ല സമൂഹത്തിന് പുറത്ത് ചാടാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നാളെ പോയി സമൂഹത്തിൽ ഇതൊന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതും ഒരു പ്രശ്നമായിട്ട് തീരും അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടിയല്ല വേണമെങ്കിൽ എനിക്ക് ചാടാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചാടാം വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് പുറത്ത് ചാടാം പുറത്ത് ചാടൽ എന്താണ് ഇത് അസംബന്ധമാണ് ഇതിൽ അർത്ഥമില്ല എന്ന് അറിയുന്നത് തന്നെയാണ് പുറത്ത് ചാടൽ അകമയ്ക്കുള്ള ഈ അഹങ്കാരത്തിന്റെ ചലനം എന്റെ ജീവിതം എന്റെ വ്യക്തിത്വത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് ആദ്യം കുറച്ചാൽ നമുക്ക് ശാന്തി ആദ്യപടി ഉണ്ടാവും ഇപ്പൊ ആത്മവിചാരം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കഴിഞ്ഞ അദ്ധ്യായത്തിൽ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു അമാനിത്വം അദംബിത്വം ഈ രണ്ടു വാക്ക് പിടിച്ചാൽ ലോകത്തിൽ നമ്മൾ വലിയ ആളാവാനൊന്നും പോണ്ട എന്ന് തീരുമാനിച്ചാൽ തന്നെ ശാന്തി കുറേ ഉണ്ടാവും നമ്മളെക്കുറിച്ച് ആളുകളൊക്കെ നല്ലത് ധരിക്കണം ഉണ്ണാനില്ലെങ്കിലും ഉടുക്കാൻ ഉണ്ടാവണം എന്നുള്ള ഈ അസംബന്ധം ഉപേക്ഷിച്ചാൽ മതി അങ്ങനെ ജീവിച്ചു പോവാം ലോകം എന്തു വേണമെങ്കിലും നമ്മളെ കുറിച്ച് ധരിച്ചോട്ടെ ഉപായത്തിൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ തയ്യാറായാൽ ലോകത്തില് സത്സംഗത്തിലല്ല സത്സംഗത്തില് കണ്ടു ഫസ്റ്റ് ചെയഴിഞ്ഞിരിക്കണത് ഒരു ദുശകുനമാണ് സത്സംഗത്തിലെ ആദ്യത്തെ ബെഞ്ചിൽ ഇരിക്കണം ലോകത്തില് ബാക്ക് ബെഞ്ചിലിരിക്കണം ലോകത്തിലെ ഏറ്റവും പുറകില് പോയിരിക്ക ആര് വേണമെങ്കിൽ മുമ്പിലിരുന്നോട്ടെ മുമ്പിൽ ഇരിക്കുന്നവര് തല്ലു വാങ്ങിച്ചോളും തല്ലുകൊള്ളില്ല ഞങ്ങളൊക്കെ തല്ലു വാങ്ങിച്ചോളാം ഞങ്ങളൊക്കെ പുറമേക്ക് ലൈം ലൈറ്റിൽ വന്നുപോയി ഇത് അസംബന്ധമാണ് ഒരു കാര്യമില്ല എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുക ഉണ്ണാനും ഉടുക്കാനും വേണ്ടതൊക്കെ അത് ആരാണെങ്കിലും ചെയ്യണം അത് ജീ ശരീരം ഉണ്ടല്ലോ അത്രയും വേണം ബാക്കി ഇനിയിപ്പം എന്താ തൊഴിലെന്ന് വെച്ചാൽ സമാധാനമായിട്ടിരിക്കുക സമാധാനത്തിന്റെ ലക്ഷണം എന്താ പ്രബലമായ വികാരങ്ങളും ചിത്തവൃത്തികളും ഉണ്ടാക്കുന്ന ഒരു വസ്തുവിനോടും വ്യക്തിയോടും സംഭവങ്ങളോടും സമ്പർക്കം പുലർത്താതിരിക്കുക ഇതൊക്കെ കോമൺ സെൻസാണ് വേറെ ഒരു സാധനയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ മതി അകമയ്ക്ക് പ്രബല വികാരങ്ങളുണ്ടാക്കുന്ന വ്യക്തികളോ വസ്തുക്കളോ സംഭവങ്ങളെയോ മാറ്റി തനിച്ച് ചുമ്മാരുന്നാൽ ശാന്തി ഉണ്ടാവുന്ന ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുകയും വേണം എപ്പോഴെങ്കിലും ചുമ്മാ ശ്രമിച്ചിട്ടുണ്ടോ എന്നാൽ നാളെ ശ്രമിക്കുക ധ്യാനിക്കുക പോലും ചെയ്യരുത് ധ്യാനിക്കൽ പോലും പരിശ്രമമാണ് വെറുതെ ഇരിക്കാം എന്തു നോക്കാലോ ചുമ്മാരിക്കാം ചിന്തകൾ വരട്ടെ ചിന്തിക്കരുത് ചിന്തിക്കുന്നതിനും ചിന്തകൾ വരുന്നതിനും വ്യത്യാസമുണ്ട് ചിന്തകൾ വരുമ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിലല്ല പ്രകൃതിയിൽ എന്തോ സംഭവിക്കുന്നു വൊളണ്ടറി തോട്ട്സ് വോളണ്ടറി ആയിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ അതിൽ പെട്ടുപോകും അങ്ങനെ ചിന്തകളിക്കും പ്രാമുഖ്യം കൊടുക്കാതെ ശരീരവും കാര്യമായൊന്നും ചെയ്യാതെ യാതൊന്നും പ്രാമുഖ്യം കൊടുക്കാതെ എന്റെ വ്യക്തിത്വത്തിനെ തന്നെ ശുദ്ധമേ ഉപേക്ഷിച്ച് അല്പനേരം ചുമ്മായിരുന്നാൽ അകമയ്ക്ക് അമൃതം കുടിച്ചതിന്റെ വീര്യം ചുമ്മാ ഇരിക്കുന്നതിൽ എന്തൊരു ശക്തി ഉണ്ടോ ആ ശക്തി ഒരു പ്രവൃത്തിയിൽ നിന്നും കിട്ടില്ല ഒരു യോഗത്തിൽ നിന്നും കിട്ടില്ല ഒരു സാധനയിൽ നിന്നും കിട്ടില്ല എല്ലാ സാധനകളും യോഗങ്ങളും കർമ്മങ്ങളാണ് അതൊക്കെ കർമ്മവ്യാധിക്ക് മറ്റൊരു കർമ്മം കൊണ്ടുള്ള മരുന്നാണ് ചുമ്മാ ഇരിക്കൽ പ്രകൃതിയിൽ നിന്നും പുറത്തു കൊണ്ടുപോകും ഏറ്റവും വലിയ യോഗമാണത് തിരുവനന്തപുരത്ത് ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമല്ല ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് മഹാത്മാക്കളുടെ വചനങ്ങൾ എടുത്തിട്ട് പാട്ടുകളാക്കി അവര് അവരൊക്കെ എഴുതിയ പാട്ടുകളിൽ നിന്നൊക്കെ തെരഞ്ഞെടുത്തിട്ട് നൂറോളം പാട്ടുകള് ശ്ലോകങ്ങള് ആ നൂറോളം ശ്ലോകങ്ങളിലൊക്കെ ചുമ്മാ ഇരു എന്നുള്ള സന്ദേശം വരും തമിഴില് ഉള്ള പാട്ടുകൾ മലയാളത്തിൽ എഴുതി അർത്ഥം എഴുതിയിട്ട് ആ ചുമ്മാ ഇരിക്കൽ വളരെ പവർഫുള്ളാണ് വെറുതെ എഴുതിക്കുക മനസ്സിൽ എന്ത് വിചാരം വേണമെങ്കിൽ വരട്ടെ വികാരം വേണമെങ്കിൽ വരട്ടെ കഴിയുന്നതും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ പ്രകൃതിയൊക്കെ സാത്വികമായിട്ടിരിക്കുമ്പോൾ നിശ്ചലമായിരിക്കുമ്പോൾ ചുമ്മാരിക്കാം രാത്രി പകുതി ഉറക്കത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടു എഴുന്നേറ്റ് ചുമ്മാരിക്കാം ആ സമയത്ത് പോയി കാണരുത് അത്യപകടാണ് രണ്ടു ഉറക്കങ്ങൾക്ക് നടുവിൽ കണ്ടാൽ അതും അതിൽ വികൃതമായി വലതും കണ്ടുപോയാൽ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും വളരെ സെൻസിറ്റീവായിട്ടിരിക്കുന്ന സമയമാണ് ഈ കണ്ടത് ഉള്ളിൽ പോയി കിടക്കും കാരണമില്ലാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയുള്ള അതുകൊണ്ട് രാത്രി പകൽവേളയിൽ എന്തുവേണെങ്കിലും കാണുക അസംബന്ധം എന്തു വേണമെങ്കിലും കണ്ടോളൂ രാത്രി ഉറക്കത്തിന്റെ നടുവിൽ ഉറങ്ങി എഴുന്നേറ്റാൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഉറക്കം വരണില്ലെങ്കിൽ പേടിക്കേണ്ട ഉറങ്ങാത്തത് കൊണ്ട് ക്ഷീണിക്കില്ല റക്കം വന്നില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ക്ഷണിക്കും ആ വിചാരവും വിട്ടിട്ട് കുറച്ചുനേരം നിശ്ചലമായി ആ രാത്രിയുടെ നിശ്ചലതയെ അനുഭവിച്ചു കൊണ്ടിരിക്കാം അപ്പോ കാണാം ഈ അദ്ധ്യായത്തിലെ ത്രിഗുണം എന്താണ് എന്ന് നമുക്ക് തന്നെ നമ്മളിൽ കാണാം പല കൂത്ത് നമ്മളുടെ മുമ്പില് മനസ്സ് പ്രകൃതി അവതരിപ്പിക്കും സത്വരജസ്തമോ ഗുണങ്ങളുടെ ചലനമൊക്കെ കാണാം അതിലൊന്നും ബന്ധപ്പെടരുത് ചുമ്മാരിക്കാം ചുമ്മാ ഇരിക്കാനൊരു പരിശ്രമം പോലും ഉണ്ടാക്കരുത് അതൊരു വലിയ ജോലിയാക്കി തീർക്കരുത് സഹജമായിട്ടിരിക്കാം കുറച്ച് നേരത്തേക്ക് അല്പനേരം അങ്ങനെ ഇരുന്നാൽ പോലും ആ അല്പനേരം ചിലപ്പോ അനന്തമായിട്ട് പെരുകും പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളില് യുഗങ്ങൾ യുഗങ്ങളായി ചുമ്മാ ഒരു വസ്തുവിനെ നമ്മൾ കാണും ചുമ്മായിരിക്കണമെന്ന് തീരുമാനിച്ചാൽ തന്നെ നിശ്ചലമായ ആത്മാവിനെ നമ്മൾ കാണും ഒരു കഥ ഭാവനാത്മകമായ കഥയാണ് ഒരു മഹാത്മാവ് ഒരു ആശ്രമത്തിലെ ഒരു സാധു നദിയിൽ വെള്ളമെടുക്കാൻ പോയി വെള്ളമെടുക്കാൻ പോയ സ്ഥലത്ത് അദ്ദേഹം അവിടുത്തെ നിശ്ചലമായ അന്തരീക്ഷം കണ്ട് കുറച്ചു അടങ്ങി അങ്ങട് കണ്ണടച്ച് മിണ്ടാതിരുന്നു സ്വരൂപസ്മൃതി ഉണ്ടായി കുറച്ച് ക്ഷണങ്ങൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വെള്ളമെടുത്തുകൊണ്ട് വരികയാണ് തിരിച്ച് ആശ്രമത്തിലേക്ക് വരുമ്പോൾ ആശ്രമമൊക്കെ മാറിപ്പോയിരിക്കുന്നു ആശ്രമത്തിൽ താമസിക്കുന്ന ആളുകളെ ഒന്നും കണ്ട അദ്ദേഹത്തിന് മനസ്സിലാവണില്ല ഒക്കെ മാറിപ്പോയിരിക്കുന്നു അദ്ദേഹത്തിന് ഒന്നും പിടിയിട്ടില്ല അപ്പൊ പതുക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അത്രേ പത്തിരുന്നൂറ് വർഷം കഴിഞ്ഞിരിക്കണു എന്നാണ് പരയിടപാല് നുകർന്ന ഭഗ്യവാൻമാർക്കൊരു പതിനായിരം ആണ്ടൊരൽപനേരം അവിടെ ടൈമില്ല മനസ്സിലും പ്രകൃതിയിലുമാണ് ദേശം കാലം നിമിത്തമൊക്കെ ഉള്ളത് ദേശകാല നിമിത്തങ്ങൾക്കപ്പുറം ഉള്ളതാണത് ആ നിശ്ചലത സർവത്തോ ഭദ്രമായ മണ്ഡലമാണ് അവിടെ മരണമില്ല തത് ശുദ്ധം विशोक अमृत सत्यम परम धीमहि भागवत अतिशुद्ध शोकमी मंडल अमृत स आत्मा अपहतपात्मा विशोको विमृत्यु अभीपा सत्यम सत्यसंकल श्रुति स्वरूप അതെല്ലാത്തിനും അപ്പുറമാണ് ശാന്തി അതിൻ്റെ സ്വരൂപമാണ് അതിനെ അറിയുക കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാ അറിവുകളുടെയും മകുടമായിട്ടുള്ള അറിവ് ആ അറിവ് ഒരാൾക്കുണ്ടായാൽ ആത്മാനുഭവം ഒരാൾക്കുണ്ടായാൽ ചുരുക്കത്തിൽ ചുമ്മായിരിക്കാൻ കണ്ടെത്തിയ മഹായോഗിയാണ് അയാൾ നിശ്ചലതയുടെ സുഖം കണ്ടെത്തിയവനാണ് ആ യോഗത്തിനോട് കിട ഒരു യോഗവും ഇല്ല എല്ലാ യോഗങ്ങളും ക്ഷുദ്രമാണ് ഈ അല്പമായ അഹങ്കാരത്തിനെ ആശ്രയിച്ചു കൊണ്ടുള്ള യോഗങ്ങളൊക്കെ തന്നെ ക്ഷുദ്രമാണ് എല്ലാം ഈ അഹങ്കാരത്തോടുകൂടെ അസ്തമിച്ചു പോകും യോഗ സാധനങ്ങൾ കൊണ്ടൊക്കെ അവസ്ഥകളുണ്ടാവും സത്യം ഉണ്ടാവില്ല സത്യം ഒരു അവസ്ഥയല്ല അതൊരു സ്റ്റേറ്റ് അല്ല എപ്പോഴും ഉള്ളതാണ് അവസ്ഥകളൊക്കെ മനസ്സിൻ്റെ സത്യം അവസ്ഥയല്ല നിതി സ്ഥിതിയാണ് അത് ഈ അഹങ്കാരം മനസ്സ് മുതലായിട്ടുള്ളതിനോടുള്ള ബന്ധം വിഛിത്തിയാവുമ്പോഴേ അത് വരുവുള്ളൂ അത് നമുക്ക് സഹജമാണ് എവർ അറ്റൈൻഡാണ് നെവർ ലോസ്റ്റ് ഒരിക്കലും നഷ്ടമായിട്ടില്ല എപ്പോഴും ഉണ്ട് അതിനെ ശ്രദ്ധിപ്പിക്കുന്ന ഈ അറിവാണ് എല്ലാത്തിനേക്കാളും വലിയ അറിവ് ബ്രഹ്മവിദ്യ സർവവിദ്യ പ്രതിഷ്ഠ എല്ലാ വിദ്യകൾക്കും അപ്പുറമുള്ള വിദ്യയാണ് അതാണ് ഭഗവാൻ പറഞ്ഞത് യജ്ഞാത്വാനയസ് സർവേ ദ്ധിമിതോകാഹ മുനികൾ അതിനെ കണ്ടെത്തി പരമമായ സിദ്ധിയെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അടുത്ത ശ്ലോകത്തില്